എന്നാൽ മക്കയിൽ തിരിച്ചെത്തിയതോടുകൂടി മിഷരിക്കുകളുടെ അതിക്രമങ്ങളും ഉപദ്രവങ്ങളും വീണ്ടും വർധിക്കാൻ തുടങ്ങി വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂടുതലായി അനുഭവിക്കേണ്ടി വന്നു പ്രത്യേകിച്ച് ഒരു തവണ പോയ ആളുകൾ അവർക്ക് കൂടുതൽ അതിക്രമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇങ്ങനെ ഹിജറ പോയ ആളുകളാകട്ടെ അവർ തിരിച്ചു വന്നപ്പോൾ സുഖകരമായ ജീവിതം അവിടെ സ്വസ്ഥമായി ജീവിക്കാം അള്ളാഹുവിന്റെ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യം അവർ മക്കയിലുള്ള ആളുകളെ അറിയിക്കുകയും ചെയ്തു അലൈഹി വസ്ല്ലാം അവിടത്തേക്കാകട്ടെ സഹാബികൾ തൻ്റെ അനുചരന്മാർ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് തടയിടാൻ സാധിക്കുന്നുമില്ല അങ്ങനെ അറസ്ി സാഹു അലഹി വസ്വല്ലം രണ്ടാമതും ഹബയിലേക്ക് ഹിജറ പോകാൻ സഹാബികൾക്ക് അനുമതി നൽകി ഇത്തവണ അബിസീനിയയിലേക്കുള്ള ഹിജറ നൂറ് ആളുകളുടെ സംഘമായിരുന്നു ആ സംഘത്തിൽ നൂറുപേരുണ്ടായിരുന്നു എൺപത്തിരണ്ട് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും ഈ സംഘം അതിന് നേതൃത്വം നൽകിയത് ജാഫർ റുബിൻ അബി താലിബ് ആണ് ജാഫർബിൻ അബി അബു താലിബിന്റെ മകൻ ജാഫർ താലിബാണ് ഈ ഹിജറയുടെ സംഘത്തിന് നേതൃത്വം നൽകിയത് നൂറ് ആളുകളുടെ സംഘമായിരുന്നു സീനിയയിലേക്ക് തവണ ഹിജറ പോകാനായി തയ്യാറെടുത്തത് രണ്ടാമത്തെ ഹിജറ അത് ആദ്യത്തെ ഹിജറയേക്കാൾ പ്രയാസമുള്ളതായിരുന്നു യാത്ര ബുദ്ധിമുട്ടുള്ളതാണ് മുസ്ലിം യാത്രക്കിടെ മുഷരിക്കുകളിൽ നിന്ന് ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് യാത്രക്കിടെ മുസ്ലിമീങ്ങളിൽ പെട്ട ഒരാൾ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ അനേകം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഹിജറ മുസ്ലിമീങ്ങൾ അത് തുടക്കം കുറിക്കുന്നത് അങ്ങനെ അലഹദില്ല അവർ അബിസീനിയയിലേക്ക് എത്തി ബസീനിയയിലേക്ക് മുസ്ലിമിങ്ങിൽ വലിയൊരു സംഘം എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി കൊറൈശികൾ അവർ ഇവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുകച്ചു പുറത്തു ചടിപ്പിക്കാനുള്ള ആലോചനകളിലായി അങ്ങനെ അവർ സുഖകരമായി ജീവിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതോടുകൂടി കൊറൈശികൾ അവർ രണ്ടാളുകളെ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു ഒന്ന് അമർ അബ്ദുല്ലാസ് രണ്ട് അബ്ദുല്ലാ ഹബിൻ അബി അറബിയ ഈ രണ്ടാളുകൾ അവരെ നജാഷിയുടെ അടുക്കലേക്ക് ധാരാളം സമ്മാനങ്ങളും മറ്റുമായി പറഞ്ഞയക്കാനും അങ്ങനെ അവർ നജാഷിയുടെ അടുക്കൽ പോയി സംസാരിച്ച് മുസ്ലിമീങ്ങളിൽ ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുമുള്ള ശ്രമം നടത്താൻ വേണ്ടി പൊറൈഷികൾ തീരുമാനിച്ചു അങ്ങനെ അമർ ബിനു അസും അബ്ദുല്ലാഹിബിൻ അബിറബിയും നജാഷിയുടെ അടുക്കലേക്ക് യാത്ര പോയി വലിയ സമ്മാനങ്ങളും വലിയ ഉപഹാരങ്ങളും ഒക്കെ കയ്യിൽ എന്തിക്കൊണ്ടാണ് അവർ പോകുന്നത് അങ്ങനെ നജാഷിയെ കാണുന്നതിനു മുൻപ് അതൊരു നസറാനികളുടെ രാജ്യമാണ് അന്ന് ഹബ എന്നത് ക്രൈസ്തവ രാജ്യമാണ് അവിടെ ചെന്ന നജാഷിയെ കാണുന്നതിന് മുൻപ് ഇവർ രണ്ടുപേരും നജാഷിയുടെ സദസ്സിലുള്ള രാജസദസ്സിലിരിക്കുന്ന പുരോഹിതന്മാരിലെ നേതാക്കന്മാർ അവരുടെ അടുക്കൽ ചെന്നു എന്നിട്ട് അവർക്ക് വലിയ സമ്മാനങ്ങളും മറ്റുമൊക്കെ കാഴ്ചവെച്ചു അവർ പറഞ്ഞു ഇന്നഹുല ബി നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വിഡികളായ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് വിവരമില്ലാത്ത ആളുകളാണ് അവർ ഞങ്ങളുടെ ദീൻ ഉപേക്ഷിച്ച ആളുകളാണ് അവരുടെ നാട്ടുകാരുടെ ദീൻ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട് വലമിദ്ക്കും നിങ്ങളുടെ ദീനിലാകട്ടെ അവർ പ്രവേശിച്ചിട്ടുമില്ല അവർ നസറാനിയായിട്ട് വന്നതല്ല എന്നാൽ ഞങ്ങളുടെ ദീൻ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പുതിയ ദീനാണ് അവരുടെ ദീന ും ഞങ്ങൾക്കും അതിനെ കുറിച്ച് അറിയില്ല നിങ്ങൾക്കും അതിനെ കുറിച്ച് അറിയാൻ സാധ്യതയില്ല അപ്പോൾ ഈ ഒരു വിഭാഗം അവർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നാളെ ഞങ്ങൾ രാജാവിന്റെ അടുക്കൽ വന്ന് സംസാരിക്കും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ പിന്തുണക്കണം മാത്രമല്ല രാജാവിനോട് മുസ്ലിം ഇങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരോട് ചോദ്യം ചെയ്ത് അവരുടെ അവസ്ഥയൊക്കെ അറിഞ്ഞ് അത്തരം ഒരു അവസ്ഥക്ക് കാരണമാക്കരുത് ഈ പുതിയ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് വന്നിട്ടുള്ള ആളുകൾ അവരെ അവിടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക അതൊന്നും സംഭവിക്കരുത് അതിനു മുൻപ് തന്നെ ഈ ആളുകളെ ഞങ്ങളോടൊപ്പം വിടാൻ ഉള്ള അവസ്ഥയിൽ നജാഷിയോട് നിങ്ങൾ ശുപാർശ നടത്തണം എന്ന് ഈ രണ്ടു പേരും എല്ലാ നേതാക്കന്മാരെയും കണ്ട് അവരോട് ആവശ്യപ്പെട്ടു അവരൊക്കെ സമ്മതിച്ചു അങ്ങനെ അടുത്ത ദിവസം അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം നിങ്ങളുടെ ദീനില് അവർ പ്രവേശിച്ചിട്ടുമില്ല ഞങ്ങളുടെ ദീനാകട്ടെ ഉപേക്ഷിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇത് കേട്ടപ്പോൾ നജാഷി അദ്ദേഹത്തോട് ചുറ്റുമുണ്ടായിരുന്ന പുരോഹിതന്മാർ അവർ പറഞ്ഞു ഈ ആളുകൾ പറയുന്നത് സത്യമാണ് അവരുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അത് ചെയ്തു കൊടുക്കുക ഇനി ഈ പറയുന്ന മുസ്ലിംങ്ങളാണ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ആ വിഭാഗം ആളുകൾ അവരെ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലില്ല ഇത് കേട്ടതോടുകൂടി നജാഷി അദ്ദേഹം നീതിമാനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം വളരെ ദേഷ്യം പിടിച്ചു പറഞ്ഞു ഞാൻ ഒരിക്കലും എന്റെ നാട്ടിൽ അഭയം തേടി വന്നവർ അവരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കാതെ അവരൊരിക്കലും ഒരാളുടെയും കയ്യിൽ ഏൽപ്പിക്കുകയില്ല സുഭാനല്ല അതൊരു വലിയ നീതിയാണത് ആ നീതി ബോധം ചരിത്രത്തിൽ മുസ്ലിം ഇങ്ങളോട് കാണിച്ച് അനേക ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് നിജാഷി അദ്ദേഹം മുസ്ലിംങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാവുകയാണ് ഉണ്ടായത് നജാഷിയുടെ അടുക്കൽ ഈ പറഞ്ഞ മുഷരിക്കുകൾ അവർ വരികയും അവർ നജാഷിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന പുരോഹിതന്മാർ അവർ പറഞ്ഞു നിങ്ങൾ ഇനി ഈ പറഞ്ഞ ആളുകൾ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക ഇനി പറയുന്ന ആളുകൾ മുസ്ലിമികളാണെന്ന് പറയുന്ന ആളുകൾ അവരെ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ ചോദിക്കേണ്ടതില്ല അപ്പോൾ നജാഷി അദ്ദേഹം വളരെ നീതിമാനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ദേഷ്യം പിടിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും മുസ്ലിം ഇങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാതെ അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുകയില്ല അവർ അടുക്കൽ അഭയം തേടി വന്നയാളുകളാണ് അങ്ങനെ നജാഷി മുസ്ലിം ഇങ്ങളെ അവരെ വിളിക്കാൻ ദൂതൻ വന്നപ്പോൾ സഹാബികൾ അവർ പരസ്പരം ചർച്ചയിലായി എന്തു ചെയ്യണം അങ്ങനെ അവരെല്ലാവരും ഒത്തൊരുമിച്ചൊരു കാര്യം തീരുമാനിച്ചു അവർ പറഞ്ഞു നജാഷിക്ക് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ എന്താണോ സത്യം അത് മാത്രമേ നമ്മൾ അവിടെ പറയുകയുള്ളൂ അത് നജാഷിക്ക് ഇഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന് വെറുപ്പുണ്ടായാലും അങ്ങനെ സഹാബികൾ അവരിൽ നിന്ന് ജാഫർ അള്ളാഹു അനഹുവിനെ കാര്യം സംസാരിക്കാനുള്ള നേതാവായി നിശ്ചയിച്ചു നജാഷി സഹാബികളോടായി ചോദിച്ചു മെഹദീൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന ദീൻ അതേതാണ് എന്താണ് ഈ ദീനിന്റെ പ്രത്യേകത നിങ്ങൾ നിങ്ങളെ ജനങ്ങളുടെ ദീൻ ഒഴിവാക്കിയിരിക്കുന്നു ഞങ്ങളുടെ ദീനോട്ട് സ്വീകരിച്ചിട്ടുമില്ല എന്താണ് നിങ്ങളുടെ ഈ പുതിയ മതം അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജാഫറുബ് നബിദ് അദ്ദേഹം വളരെ മനോഹരമായി ഇസ്ലാമിനെ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അല്ലയോ രാജാവ് ഞങ്ങൾ വളരെയധികം അങ്ങേയറ്റം അജ്ഞതയിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹമായിരുന്നു അസ്നാൻ വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നത് ശവമായിരുന്നു ഫവാഹിഷ് ഞങ്ങൾ വൃത്തികേടുകൾ ചെയ്തിരുന്നു അഹാം കുടുംബ ബന്ധം മുറിച്ചിരുന്നു അയൽബന്ധത്തിൽ മോശമായി പെരുമാറിയിരുന്നു ഞങ്ങളിൽ ശക്തരായവർ ദുർബലരായവരെ ഉപദ്രവിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ അവസ്ഥയിൽ നിലകൊള്ളുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു ഞങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ പറഞ്ഞയച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സത്യസന്ധത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് വിശ്വസ്ഥതയും ഉത്തരവാദിത്തവും ജീവിത ഞങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ആ നബി ഞങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിച്ചു അള്ളാഹുവിനെ ഏകനാക്കാനും അവന് മാത്രം ഞങ്ങളുടെ പിതാക്കന്മാരും വിഗ്രഹങ്ങളെയും ഉപേക്ഷിക്കാനും അള്ളാഹുവിന് മാത്രം അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു സത്യം പറയാൻ ഞങ്ങളോട് പറഞ്ഞു അമാനത്ത് പൂർണ്ണമായി നിറവേറ്റാൻ ഞങ്ങളോട് കൽപ്പിച്ചു േടുകളിലേക്ക് പോകുന്നതിൽ നിന്ന് വിരോധിച്ചു കള്ളസത്യം ചെയ്യുന്നതും അതുപോലെ യത്തീമിന്റെ സമ്പാദ്യം ഭക്ഷിക്കുന്നതും അദ്ദേഹം ഞങ്ങളോട് വിലക്കി അങ്ങനെ ഇസ്ലാം ഞങ്ങളോട് എല്ലാ നന്മകളും ആ റസൂൽ കൽപ്പിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും വിലക്കുകയും ചെയ്തു ഇടാതെ ചെയ്യാതിരിക്കാൻ ഞങ്ങളോട് അദ്ദേഹം ഞങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു ഇവിടെ നിസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് നിലനിന്നിരുന്ന നിസ്കാരമാണ് അല്ലെങ്കിൽ അഞ്ചു വക്ത നിസ്കാരം അന്ന് നിർബന്ധമായിട്ടില്ല അത് പിന്നീടുള്ള വർഷങ്ങളിലാണ് വരുന്നത് ഞങ്ങളോട് ദാനധർമ്മം അധികരിപ്പിക്കാൻ പറഞ്ഞു അതിൽ പിൻപറ്റുകയും ചെയ്തു മേൽ ഹറാമാക്കിയതൊക്കെ ഞങ്ങൾ ഹറാമാക്കി അദ്ദേഹം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതെല്ലാം ഞങ്ങൾ അനുവദനീയമാക്കി അപ്പോൾ ഇത് ഞങ്ങളുടെ സമൂഹം ഞങ്ങളെ ശത്രുക്കളായി കണ്ടുനവ ഫീന ഞങ്ങളെ ശിക്ഷിക്കുകയും ഈ ദീനില് നിന്ന് പുറത്തു വരാൻ വേണ്ടി ഞങ്ങളെ പരീക്ഷിക്കുകയും ചെയ്തു വലിയ ഋദൂന ഇലബാദത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലേക്ക് തിരിച്ചു പോകാനാണ് അവർ ഞങ്ങളോട് പറയുന്നത് പണ്ട് കാലത്ത് ഞങ്ങൾ ചെയ്തിരുന്ന വൃത്തികേടുകൾ ഇനിയും ചെയ്യാനാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ ഞങ്ങളോട് അതിക്രമം കാണിച്ചപ്പോൾ അവർ ഞങ്ങളെ അടിച്ചമറത്തിയപ്പോൾ ഞങ്ങളുടെ ദീനിനും ഇടയിൽ അവർ മറയായി നിന്നപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത് മറ്റെല്ലാ നാടുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ നാടാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത് നിങ്ങളുടെ അടുത്ത് താമസിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് അല്ലയോ നീതിമാനായ രാജാവേ നിങ്ങളുടെ അടുക്കൽ ഒരിക്കലും അനീതി ചെയ്യപ്പെടുകയില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും പറഞ്ഞപ്പോൾ നജാഷി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കേൾക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യം അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ജാഫർ അള്ളാഹ് അദ്ദേഹം മുന്നിൽ സൂറത്ത് മറിയം പാരായണം ചെയ്തു സൂറത്തു മറിയം പ്രത്യേകം അറിയപ്പെട്ട സൂറത്തുകളിൽ ഒന്നാൻ അതിൽ അസ്റാനികൾക്കുള്ള അവരുടെ അവരുടെ തെറ്റായ വിശ്വാസങ്ങൾക്കുള്ള മറുപടികളുണ്ട് മറിയം അലിഹു സലാത്തു വസ്സലാമിനെ കുറിച്ചും വസ്സലാമിനെ മറ്റുമുള്ള പരാമർശങ്ങൾ സൂറത്തുമറിയമ്മിൽ വ്യക്തമായുണ്ട് ഏറ്റവും മനോഹരമായ സൂറത്തുകളിൽ ഒന്നാണത് ആ സൂറത്ത് നജാഷിക്ക് മുന്നിൽ പാരായണം ചെയ്ത് കൽപ്പിച്ചു കൊടുത്തു അത് കേട്ടതോടുകൂടി നജാഷിയുടെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹത്തിന്റെ താടി രൂപങ്ങൾ നനഞ്ഞു കുതിരുന്നതുവരെ അദ്ദേഹം കരഞ്ഞു അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന നസറാനികളായ പുരോഹിതന്മാർ അവരും സൂറത്തുമറിയം ായണം ചെയ്യുന്നത് കേട്ടപ്പോൾ അവരും കരയുകയുണ്ടായി എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണോ അദ്ദേഹത്തിന്റെ ദീൻ ലഭിച്ചത് അതേ സ്ഥലത്ത് നിന്ന് തന്നെ അതേ പ്രകാശത്ത് നിന്ന് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ നജാഷി അദ്ദേഹം ദൂതന്മാർ അമർ അബ്ദുൽ ആസിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് നജാഷി പറഞ്ഞു നിങ്ങൾ തിരിച്ചുപോയിക്കൊള്ളുക ഫവിലിംഹും നിങ്ങൾക്കൊരിക്കലും ഇവരെ തിരിച്ചേൽപ്പിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചുപോയിക്കൊള്ളുക എന്ന് നജാഷി അവരോട് പറഞ്ഞു അങ്ങനെ അന്നത്തെ ആ ദിവസം കഴിഞ്ഞു കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അമർ ആസ് അദ്ദേഹം പറഞ്ഞു നാളെ നജാഷിയുടെ അടുക്കൽ ഞാൻ വീണ്ടും ചെല്ലും എന്നിട്ട് അവരിലെ തലവനായ ജഫറിനെ തോൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് അവിടെ സംസാരിക്കാനുണ്ട് അങ്ങനെ അവർ തീരുമാനിച്ച് അന്ന് അവർ തിരിച്ചുപോയി അടുത്ത ദിവസം അവർ വീണ്ടും നജാഷിയുടെ അടുക്കലേക്ക് വന്നു അങ്ങനെ നജാഷിയോട് അമർ അബ്നാസ് പറഞ്ഞു അല്ലയോ രാജാവേ നിങ്ങൾ ആദരിക്കുന്ന നിങ്ങൾ ബഹുമാനിക്കുന്ന ഐസയെക്കുറിച്ച് ഇവർ പറയുന്നത് വളരെ ഗുരുതരമായ ചില വർത്തമാനങ്ങളാണ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ റൈസയെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ദൈവമായി ആരാധിക്കുന്നവനാണ് ഐസ ഐസയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ രജാഷി വീണ്ടും ആളവിട്ടു സഹാവികൾ അവരുടെ അടുക്കൽ ഈ ദൂതൻ രാജാവിന്റെ ദൂതൻ അവർ പരസ്പരം കൂടിയാലോചിച്ചു റൈസയെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക എന്താണ് നജാഷിയോട് പറയാനുള്ള ഉത്തരം അപ്പോൾ എന്താണോ ഏസയെ കുറിച്ച് നമ്മോട് അറിയിച്ചത് അത് തന്നെ നാം അവരോട് പറയും ഇനി അത് പറഞ്ഞതിന്റെ പേരിൽ എന്തെല്ലാം സംഭവിച്ചാലും നിങ്ങൾ പ്രയാസങ്ങളും ദുരിതങ്ങളും കടുത്ത് ജീവന ഭീഷണി ഉണ്ടായിട്ടാണ് അവർ അബിസീനയിലേക്ക് എത്തുന്നത് അവിടെ നസറാനികളുടെ ദീനാണ് രാജാവ് നസറാനിയാണ് അവർ ഭയക്കുന്നതാകട്ടെ ഇസ്ലാമിക വിശ്വാസത്തിലുള്ള ഈ കാര്യം നജാഷിയോടെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അഭയവും നഷ്ടപ്പെടുമെന്നാണ് പക്ഷെ ആ സന്ദർഭത്തിൽ പോലും അവർ ആകെ നൂറുപേരുണ്ട് ഒരു രാജ്യത്തേക്ക് അഭയാർത്ഥികളായി ആളുകളാണ് ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് ആ സന്ദർഭത്തിൽ പോലും സ്വഹാവികൾ അവരുടെ ദീനിൽ നിന്ന് അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്നൊരു കാര്യം പോലും അവരുടെ തന്ത്രങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയപരമായ നഷ്ടങ്ങൾക്ക് വേണ്ടി സാമൂഹിക ജീവിതത്തിന് വേണ്ടി അവർ മാറ്റിവെക്കുന്നില്ല ഇതിൽ മുസ്ലിമുകൾക്ക് വലിയ പാഠമുണ്ട് ഈ സഹാബികളെയാണ് അള്ളാഹു വിജയം നൽകാൻ ഗ്രഹിച്ചത് ഈ സഹാബികൾക്കാണ് അള്ളാഹു സഹായം നൽകിയത് അവരേത് പ്രതിസന്ധികൾ അവരുടെ ദീൻ ഉപേക്ഷിച്ചിട്ടില്ല അവരുടെ ഇസ്ലാമിന് വിരുദ്ധമാകുന്ന കാര്യം രാജാവിന് മുൻപിൽ പോലും അവർ പറയാൻ മടിച്ചിട്ടില്ല ഇസ്ലാമിന് വിരുദ്ധമാകുന്ന ഒരു കാര്യമാണ് അത് രാജാവിന് മുൻപിൽ പോലും അവർ തിരുത്തി പറഞ്ഞില്ല രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദീന മാറ്റിയില്ല അവർക്ക് ഏറ്റവും വലുത് അവരുടെ ദീനായിരുന്നു ഇന്ന് പല ആളുകളും പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയപരമായ ഹിഗ്മത്തുകൾ അതല്ലെങ്കിൽ സാമൂഹികമായ യുക്തികൾ അതിനുവേണ്ടി ദീനിലെ കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനങ്ങൾ മാറ്റെക്കണമെന്ന നിലപാടുകൾ അത് സഹാബികളുടെ നിലപാടിന് യോജിച്ചതല്ല ഇസ്ലാം അനുവദിച്ച നമ്മൾ മുൻപ് അമ്മാറിന്റെയും യാസറിന്റെയും ചരിത്രത്തിൽ വായിച്ച ഇളവുകളുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് തീർത്തും ഉപേക്ഷിക്കുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളെ തീർത്തും മയപ്പെടുത്തുകയും അങ്ങനെ ജനങ്ങളെ ദീനിൽ നിന്ന് അകറ്റുകയും ചെയ്യുക എന്ന രീതിക്ക് ഒരിക്കലും ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ശരി അങ്ങനെ ഇവർ വന്നപ്പോൾ അവരോട് ചോദിച്ചു ഐസയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയാണ് അപ്പൊ നിങ്ങൾ ഏറ്റവും പ്രയാസം ഉണ്ടാകുന്ന കാര്യം അതാണ് ാണ് എന്നതാണ് അവർക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന വാക്ക് സൃഷ്ടിച്ച അവന്റെ ആത്മാവാണ് പരിശുദ്ധയായ മറിയമിലേക്ക് അള്ളാഹു സുബാൻ ഇട്ടു നൽകിയ അള്ളാഹുവിന്റെ ഖലിമറ്റാണ് അള്ളാഹു കുൻ എന്ന വാക്ക് പറഞ്ഞതോടുകൂടിയാണ് അലൈഹിത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് പൊതുവെ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നത് പോലെ ഭാര്യ ഭർത്തുബന്ധത്തിലൂടെ കുട്ടി ജനിക്കുക എന്ന രൂപത്തിലല്ല മറിച്ച് അള്ളാഹു സുബാനു എന്ന് പറഞ്ഞു നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായി അദ്ദേഹത്തിന് ഒരു പിതാവുമില്ല അദ്ദേഹം ആദമിനെ പൊലയാണ് അലൈഹിത്തു വസ്സലാം ആ കാര്യത്തിൽ അദ്ദേഹം ആദമിനെ പൊലയാൻ അപ്പോൾ മറിയമ്മിൽ അള്ളാഹു സുബാന നിശ്ചയിച്ച അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിന്റെ റൂഹാണ് അള്ളാഹുവിന്റെ ആത്മാവാണ് അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ച ആത്മാവാണ് അപ്പോൾ ഇത് അള്ളാഹു അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അടിയിൽ നിന്നൊരു വടിയെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഒരു ചെറിയ വടിയോളം നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തനല്ല ഐസബെന്ന് പറയും ചെറിയ വ്യത്യാസം പോലുമില്ല ഈ പറഞ്ഞത് കൃത്യമാണ് ഐസയെ കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് ഇത് കേട്ടതോടുകൂടി അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന പ്രസാനികളായ പുരോഹിതന്മാർ അവർ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി അവർ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അവർക്കത് അവരുടെ ദീനിന്റെ അടിത്തറയാണ് അതോടുകൂടി പൊളിയുന്നത് അവരുടെ അടുക്കൽ ഐസ ദൈവമാണ് അള്ളാഹുവിനെ പോലെയാണ് ഇത് കേട്ടതോടുകൂടി പുരോഹിതന്മാർ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ നജാഷി റതി അള്ളാഹാൻ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒച്ച വെച്ചാലും അവർ പറഞ്ഞത് സത്യമാണ് നിങ്ങൾ ശബ്ദമുണ്ടാക്കിയാലും അവർ പറഞ്ഞത് സത്യമാണ് ഇങ്ങനെ ശക്തമായ നിലപാട് സ്വീകരിച്ച രാജാവായിരുന്നു നജാഷി അറദു അള്ളാഹ്വാൻ അദ്ദേഹം പിന്നീട് ജാഫർ അള്ളാഹുഅൽ അനഹുവിന്റെ അടുക്കൽ നിന്ന് മുസ്ലിമായിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാം മറച്ചു വെച്ച സഹാബികളിൽ ഒരാളാണ് ഇമാമിദ് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു നിലക്ക് നോക്കിയാൽ സഹാബിയാണ് കാരണം റസൂൾ അള്ളാഹി സ്വലിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട് ഒരു നിലക്ക് നോക്കിയാൽ അദ്ദേഹം താബിഅഴിയാണ് താബിഅഴി എന്ന് പറഞ്ഞാൽ സഹാബിക്ക് ശേഷം വന്നയാളാണ് കാരണം അദ്ദേഹം സല്ലു അലൈഹു വസ്സലെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഒരു നിലയ്ക്ക് അദ്ദേഹം സഹാബിയാൻ ഒരു നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തിരിച്ചുപോയിക്കൊള്ളുക എന്നിട്ട് നിങ്ങൾ എന്റെ ഈ നാട്ടിൽ നിങ്ങൾ നിർഭയരായി ജീവിച്ചു കൊള്ളുക എനിക്ക് വലിയൊരു പർവ്വതം സ്വർണം കിട്ടിയാലും നിങ്ങളിൽ ഒരാളെയെങ്കിലും ഉപദ്രവിക്കാൻ അവർക്ക് വിട്ടുകൊടുക്കുക എന്നത് എനിക്ക് ഇഷ്ടപ്പെടുകയില്ല ഒരു സ്വർണം ഒരു പർവ്വതം മുഴുവൻ സ്വർണം എനിക്ക് കൊണ്ടുവന്ന് തന്നാലും നിങ്ങളിൽ ഒരാളെ ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കുക എന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നിന് ജാഷി റതി അള്ളാഹുഅൻ അദ്ദേഹം അദ്ദേഹം പറഞ്ഞതായി കാണാം അങ്ങനെ മുഷരിക്കുകളുടെ ഈ അമർ അബ്ദുൽ ആസം അബ്ദുല്ലാഹു നബി റബി മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു